അതോ അള്ളാഹുസുബഹാനുഹുവ തായാലയ്ക്കെതിരെ അദ്ദേഹം ഒരു കള്ളം കെട്ടിച്ചമച്ചു എന്ന് അവർ പറയുകയാണോ അള്ളാഹു സുബഹാനുഹൂവ തായാല ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിന്റെ ഹൃദയത്തെ അവൻ മുദ്രവെക്കുമായിരുന്നു അള്ളാഹുസുബഹാനുഹൂവത്തായാല തൻറെ വചനങ്ങളിലൂടെ അസത്യത്തെ മായ്ച്ചുകളയുകയും സത്യത്തെ സ്ഥാപിക്കുകയും ചെയ്യും തീർച്ചയായും അവൻ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു